അപ്പോൾ എല്ലാവരും എല്ലാവർക്കും ഓരോ നക്ഷത്രം ഉണ്ടെന്ന് മനസ്സിലായി അല്ലേ അങ്ങനെ എത്ര നക്ഷത്രമുണ്ട് ഇരുപത്തി ഏഴ് നക്ഷത്രം ഒന്ന് നിങ്ങളുടെ എല്ലാം പറയുകയാണെങ്കിൽ ഞാൻ പറയും 28 നക്ഷത്രം ഉണ്ടെന്ന് പറയും ഇരുപത്തെട്ട് നക്ഷത്രമാണ് വാസ്തവത്തിലുള്ളത് എല്ലാ കാര്യങ്ങൾക്കും സാധാരണ ഇരുപത്തി ഏഴ് കണക്കാക്കാറുള്ളു ഉത്രാടത്തിൻ്റെയും ഇടയ്ക്ക് ഒരു നക്ഷത്രമുണ്ട് അഭിജിത്ത് എന്നാണ് പറയുന്നത് അതിൻ്റെ പേര് ഈ കരുന്നാളുണ്ടോന്നൊക്കെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ കരുന്നാളുണ്ടോന്നൊക്കെ നോക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് അതിന് അകനാളും പുറന്നാളും അറിയുന്നതിന് ഈ അഭിജിത്ത് കൂടെ കണക്കിലെടുക്കും വേറെ ഒരുപാട് കാര്യങ്ങൾക്ക് അഭിജിത്ത് കണക്കിലെടുക്കാറുണ്ട് അതായത് അകനാളെന്ന് പറയുന്നത് ഈ ഒൻപത് സ്ഥിരരാശു പുണർദ്ദവിശാഖോ ചിത്തിരേവതി രോഹിണി കൃത്വം അത്തമുടാതിരെ കേട്ട് വിട്ട് എന്നീ നാളിൽ മൃത്യുഭവിച്ചാൽ പിന്നെയും ഒന്നിന് മൃത്യുഭവിക്കും ഞാൻ ആദ്യത്തെ ക്ലാസ്സിലിത് പറയാൻ പാടില്ലാത്തതാണ് എങ്കിലും നിങ്ങളെല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു വിഷയമാണ് അകനാളിൽ മൃത്യുഭവിച്ചാൽ കരുനാളിൽ ദോഷം അതേറെ അപ്പോൾ അകനാളെന്ന് പറയുന്നത് രവി നിൽക്കുന്ന നക്ഷത്രത്താൽ നാലെണ്ണം അകനാളായി മൂന്നെണ്ണം പുറനാളായി അഭിജിത്വം ചേർത്തിയിടേണം എന്നാണ് ആ സൂര്യൻ നിൽക്കുന്ന നക്ഷത്രം മുതൽ മരിക്കുന്ന സമയത്ത് സൂര്യൻ നിൽക്കുന്ന നക്ഷത്രം മുതൽ നാലെണ്ണം അകനാള് നാല് നക്ഷത്രം അകനാളെന്ന് പറഞ്ഞാൽ ഈ യമധർമ്മൻ ആ വീട്ടിനകത്ത് തന്നെ ഉണ്ടായിരിക്കുന്ന അർത്ഥം പുറന്നാളിൽ എന്ന് പറയുന്നത് വെളിയിൽ ഈ സംഭവം കഴിഞ്ഞാൽ വെളിയിൽ പോയെന്നർത്ഥം അങ്ങനെ അതിൽ അഭിജിത്വം കൂടെ ഉണ്ട് വേറെയും പല കാര്യങ്ങൾക്കും അഭിജിത്വം എന്ന് പറയുന്ന ഒരു നക്ഷത്രം കൂടെ ചേർക്കാറുണ്ട് അങ്ങനെ ഇരുപത്തെട്ട് നക്ഷത്രങ്ങളാണുള്ളത് അതിൽ ഇരുപത്തിയേഴ് എണ്ണമാണ് നമ്മൾ സാധാരണ കണക്കാക്കുന്നത് ഈ നക്ഷത്രങ്ങൾക്കെല്ലാം പൊതുവെ അറുപത് നാഴിക എന്നാണ് വയ്പ്പ് നാഴിക എന്ന് പറഞ്ഞാൽ അറിയാമോ ഒരു ദിവസം എന്ന് പറയുന്നതിനാണ് നാഴിക എന്ന് പറയുന്നത് ഒരു ദിവസം അറുപത് നാഴികയാണ് ഒരു ദിവസം എന്നാൽ ഈ നക്ഷത്രത്തിൻ്റെ പരമനാഴിക എന്ന് പറയും ഒരു നക്ഷത്രത്തിന് ചിലപ്പോൾ അമ്പത്തഞ്ചാകാം ചിലപ്പോൾ അറുപത്തഞ്ചാകാം ചിലപ്പോൾ അറുപതാകാം ഏറ്റക്കുറച്ചിലുകൾ വരും എന്തുണ്ടെന്ന് പറഞ്ഞാൽ വെറും വൃത്തമല്ല ഓവൽ ഷേപ്പിലാണ് എന്നുള്ളതുകൊണ്ട് ഭൂമി ഓവൽ ഷേപ്പിൽ ആണെന്നുള്ളതുകൊണ്ട് അതിൻ്റെ സർഫസ് ഓവൽ ഷേപ്പിലായതുകൊണ്ട് സഞ്ചരിക്കുന്നതിനാവശ്യമുള്ള സമയം വ്യത്യാസപ്പെടാം അശ്വതി മുതൽ ഇരുപത്തേഴ് നക്ഷത്രം സമയം വ്യത്യാസപ്പെടാം പക്ഷേ ഇത് തമ്മിലുള്ള ആ ആഗുലർ ഡിസ്റ്റൻസ് എന്ന് പറയും ആങ്കിൾ ഒരു നക്ഷത്രവും അടുത്ത നക്ഷത്രവും തമ്മിൽ എണ്ണൂറ് കല എണ്ണൂറ് കല എന്ന് പറയും അത് വിശദമായിട്ടിവിടെ പഠിപ്പിക്കും പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് എന്ന് പറയും ആ ആംഗുലർ ഡിസ്റ്റൻസിന് വ്യത്യാസം വരികയില്ല പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റിനെ ഇരുപത്തേഴ് കൊണ്ട് കുണിച്ചാൽ മുന്നൂറ്റി അറുപത് ഡിഗ്രി കിട്ടും അല്ല പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റിന് ഇരുപത്തേഴ് നക്ഷ ഓരോ നക്ഷത്രങ്ങൾക്കാണിത് പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് അങ്ങനെ മുന്നൂറ്റി ഡിഗ്രി എന്ന് പറയുന്നത് ഒരു സർക്കിളാണ് സർക്കിളിൻ്റെ ആംഗുലർ ഡിസ്റ്റൻസിന് വ്യത്യാസം വരില്ല അതേസമയം സമയം എടുക്കുകയാണെങ്കിൽ വ്യത്യാസം വരും അത് ഷേപ്പിനെ ആശ്രയിച്ചിരിക്കും അപ്പോൾ ഈ സമയവും ടൈം ആൻഡ് സ്പേസ് ആ വ്യത്യാസമാണ് ടൈമെന്ന് പറയുന്നത് നാഴിക വിനാഴിക അല്ലെങ്കിൽ മണിക്കൂർ മിനിറ്റ് സെക്കൻഡ് ഇങ്ങനെ പോകും മറ്റത് ഡിഗ്രി മിനിറ്റ് സെക്കൻഡെന്നാണ് ആങ്കിൾ ഒൻപത് പന്ത്രണ്ടിൽ ഒരു വലിയ സൂചി നിൽക്കുന്നു മൂന്നില് ചെറിയ സൂചി നിൽക്കുകയാണെങ്കിൽ ഒരു ക്ലോക്കിൽ ആ സൂചികൾ തമ്മിലുള്ള ആങ്കിൾ എത്രയാണ് തൊണ്ണൂറ് ഡിഗ്രിയാണ് പക്ഷേ അത്രയും ദൂരം സൂചിക്ക് വലിയ സൂചി ഈ ഈ മൂന്ന് വരെ വരാൻ എത്ര ടൈം എടുക്കുന്നുള്ളത് ടൈമാണ് മറ്റേത് സ്പേസ് ആണ് ഈ രണ്ട് സൂചികളും തമ്മിലുള്ള ആ സ്പേസിനെയാണ് തൊണ്ണൂറ് ഡിഗ്രി എന്ന് പറയുന്നത് ആ തൊണ്ണൂറ് ഡിഗ്രി സ്പേസ് ആയിട്ട് എടുക്കുമ്പോൾ